ം നിന്റെ സഹോദരനായ അഹരോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രയേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കൽ വരുത്തുക അഹരോനെയും അഹരോന്റെ പുത്രന്മാരായ നാദാബ് അബിഹു എലയാസ ഈഥാമാർ എന്നിവരെയും തന്നെ നിന്റെ സഹോദരനായ അഹരോനുവേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കേണം അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവനെ ശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രം ഉണ്ടാക്കണമെന്ന് ഞാനാത്മാവുകൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോടും നീ പറയണം അവർ വസ്ത്രമോ പതക്കം യേഫോത് നീളക്കുപ്പായം ചിത്ര തയ്യലുള്ള നിലയങ്കി മുടി നടുക്കെട്ട് എന്നിവ തന്നെ നിന്റെ സഹോദരനായ അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവർ അവനും അവന്റെ പുത്രന്മാർക്കും വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം അതിന് പൊന്ന് നിലനൂൽ തൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞുനൂൽ എന്നിവ എടുക്കണം പൊന്ന് നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായി യഫോത് അതിന്റെ രണ്ടറ്റത്തോട് ചേർന്നതായി രണ്ട് ചുമൽക്കണ്ടം ഉണ്ടായിരിക്കണം അങ്ങനെ അത് തമ്മിൽ ഇണച്ചിരിക്കണം അത് കെട്ടിമുറുക്കുവാൻ അതിന്മേലുള്ളതായി ചിത്രപ്പണിയായ നടുക്കെട്ട് അതിൽ നിന്ന് തന്നെ അതിന്റെ പണി പോലെ പൊന്ന് നീലനൂൽ തൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ആയിരിക്കണം അതുകൂടാതെ രണ്ട് ഗോമേതക കല്ലെടുത്ത് അവയിൽ ഇസ്രയേൽ മക്കളുടെ പേർ കൊത്തേണം അവരുടെ പേരുകളിൽ ആറ് ഒരു കല്ലിലും ശേഷമുള്ള ആറ് മറ്റേ കല്ലിലും അവരുടെ ജനനക്രമത്തിൽ ആയിരിക്കണം രത്നശിൽപിയുടെ പണിയായി മുദ്രകൊത്തുപോലെ രണ്ടു കല്ലിലും ഇസ്രയേൽ മക്കളുടെ പേർ കൊത്തേണം അവ പൊന്തടങ്ങളിൽ പതിക്കേണം കല്ലുരണ്ടും യെഫോദിന്റെ ചുമൽക്കണ്ടങ്ങളിന്മേൽ ഇസ്രയേൽ മക്കൾക്കുവേണ്ടി ഓർമ്മക്കല്ലായി വെക്കണം അഹരോൻ യഹോവയുടെ മുമ്പാകെ അവരുടെ പേർ ഓർമ്മയ്ക്കായി തന്റെ രണ്ട് ചുമലിന്മേലും വഹിക്കണം പൊന്നുകൊണ്ട് തടങ്ങൾ ഉണ്ടാക്കേണം തങ്കം കൊണ്ട് ചരടുപോലെ മുറിച്ച് കുത്തുപണിയായി രണ്ടു സരപ്പിളിയും ഉണ്ടാക്കേണം കുത്തുപണിയായ സരപ്പിളി തടങ്ങളിൽ ചേർക്കണം ന്യായവിധിപ്പതക്കം ചിത്രപ്പണിയായിട്ട് ഉണ്ടാക്കേണം അത് എഫോദിന്റെ പണിക്കൊത്തതായി പൊന്ന് നിലനൂൽ തൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ഉണ്ടാക്കേണം അത് സമചതുരവും ഇരട്ടയും ഒരു ചാൺ നീളമുള്ളതും വീതിയുള്ളതും ആയിരിക്കണം അതിൽ കൽപ്പതിപ്പായി നാലുനിര കല്ല് പതിക്കണം താമ്രമണി പീതരത്നം മരതകം എന്നിവ ഒന്നാമത്തെ നിര രണ്ടാമത്തെ നിര മാണിക്യം നീലക്കല്ല് വജ്രം മൂന്നാമത്തെ നിര പത്മരാഗം വൈഡൂര്യം സുഗന്ധിക്കല് നാലാമത്തെ നിര പുഷ്പരാഗം ഗോമേതകം സൂര്യകാന്തം അവ അതതു തടത്തിൽ പൊന്നിൽ പതിച്ചിരിക്കണം ഈ കല്ല് ഇസ്രയേൽ മക്കളുടെ പേരോടുകൂടെ അവരുടെ പേർ പോലെ പന്ത്രണ്ടായിരിക്കണം പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ിന്റെ പേർ അവയിൽ മുദ്രക്കൊത്തായി കൊത്തിയിരിക്കണം പതക്കത്തിന് ചരടുപോലെ മുറിച്ച് കുത്തുപണിയായി തങ്കം കൊണ്ട് സരപ്പിളി ഉണ്ടാക്കണം പതക്കത്തിന് പൊഞ്ഞുകൊണ്ട് രണ്ട് വട്ടക്കണ്ണി ഉണ്ടാക്കി രണ്ടറ്റത്തും വട്ടക്കണ്ണി വെക്കണം പൊഞ്ഞുകൊണ്ട് മുറിച്ച് കുത്തുപണിയായ സരപ്പിളി രണ്ടും പതക്കത്തിന്റെ അറ്റങ്ങളിലുള്ള വട്ടക്കണ്ണി രണ്ടിലും കൊളുത്തേണം മുറിച്ച് കുത്തുപണിയായ രണ്ട് സരപ്പള്ളിയുടെ മറ്റ് അറ്റം രണ്ടും രണ്ടു തടത്തിൽ കൊളുത്തി എഫോദിന്റെ ചുമൽക്കണ്ടങ്ങളിൽ അതിന്റെ മുൻഭാഗത്ത് വയ്ക്കണം പൊന്നുകൊണ്ട് രണ്ടു വട്ടക്കണ്ണി ഉണ്ടാക്കി പതക്കത്തിന്റെ മറ്റേ രണ്ട് അറ്റത്തും എഫോതിന്റെ കീഴറ്റത്തിനു നേരെ അതിന്റെ വിളിമ്പിൽ അകത്തായി വെക്കണം പൊഞ്ഞുകൊണ്ട് വേറെ രണ്ട് വട്ടക്കണ്ണി ഉണ്ടാക്കി എഫോതിന്റെ മുൻഭാഗത്ത് അതിന്റെ രണ്ട് ചുമൽ കണ്ടത്തിന്മേൽ താഴെ അതിന്റെ ഇണപ്പിനരികെ എഫോതിന്റെ നടുക്കെട്ടിനു മേലായി വെക്കണം പതക്കം എഫോതിന്റെ നടുക്കെട്ടിനു മേലായിരിക്കേണ്ടതിനും യേഫോദിൽ ആടാതിരിക്കേണ്ടതിനും അതിന്റെ വട്ടക്കണ്ണികളാൽ യേഫോദിന്റെ വട്ടക്കണ്ണികളോട് നീലനാടകൊണ്ട് കെട്ടേണം അങ്ങനെ അഹരൂൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ ന്യായവിധി പതക്കത്തിൽ ഇസ്രയേൽ മക്കളുടെ പേർ എപ്പോഴും യഹോവയുടെ മുമ്പാകെ ഓർമ്മയ്ക്കായിട്ട് തന്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം ന്യായവിധി പതക്കത്തിനകത്ത് ഊറീമും തുമ്മീമും വെളിപ്പാടും സത്യവും വെക്കണം അഹരോൻ യഹോവയുടെ സന്നിധാനത്തിങ്കൽ കിടക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന്മേൽ ഇരിക്കണം അഹരോൻ ഇസ്രയേൽ മക്കൾക്കുള്ള ന്യായവിധി എപ്പോഴും യഹോവയുടെ മുമ്പാകെ തന്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം യെഫോദിന്റെ അങ്കി മുഴുവനും നീലനൂൽ കൊണ്ട് ഉണ്ടാക്കണം അതിന്റെ നടുവിൽ തല കടപ്പാൻ ഒരു ദ്വാരം വേണം ദ്വാരത്തിന് നെയ്ത്തുപണിയായ ഒരു നാട ചുറ്റിലും വേണം അത് കീറിപ്പോകാതിരിപ്പാൻ കവചത്തിന്റെ ദ്വാരം പോലെ അതിനുണ്ടായിരിക്കണം നീലനൂൽ തൂമ്രനൂൽ ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് ചുറ്റും അതിന്റെ വിളുമ്പിൽ മാതളപ്പഴങ്ങളും അവയുടെ ഇടയിൽ ചുറ്റും പൊന്നുകൊണ്ട് മണികളും ഉണ്ടാക്കണം അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും ഒരു പൊൻമണി ഒരു മാതളപ്പഴം ഒരു പൊന്മണി ഒരു മാതളപ്പഴം ഇങ്ങനെ വേണം ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കേണം യഹോവിയുടെ മുമ്പാകെ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും പുറത്തുവരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിന്റെ ശബ്ദം കേൾക്കണം തങ്കം കൊണ്ട് ഒരു പട്ടമുണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് മുദ്രക്കൊത്തായി കൊത്തേണം അത് മുടിമേൽ ഇരിക്കേണ്ടതിന് നീലച്ചരടുകൊണ്ട് കെട്ടണം അത് മുടിയുടെ മുൻഭാഗത്ത് ഇരിക്കണം ഇസ്രയേൽ മക്കൾ തങ്ങളുടെ സകല വിശുദ്ധ വഴിപാടുകളിലും ശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം അഹരോൻ വഹിക്കേണ്ടതിന് അത് അഹ്രോന്റെ നെറ്റിയിൽ ണം യോവയുടെ മുമ്പാകെ അവർക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അത് എപ്പോഴും അവന്റെ നെറ്റിയിൽ ഇരിക്കണം പഞ്ഞുനൂൽ കൊണ്ട് ഉള്ളങ്കിയും വിചിത്രപ്പണിയായി നെയ്യണം പഞ്ഞുനൂൽ കൊണ്ട് മുടിയും ഉണ്ടാക്കണം നടുക്കെട്ടും ചിത്രത്തെയ്യൽപ്പണിയായിട്ട് ഉണ്ടാക്കണം പുത്രന്മാർക്ക് മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട് അങ്കി നടുക്കെട്ട് തലപ്പാവ് എന്നിവ ഉണ്ടാക്കേണം അവ നിന്റെ സഹോദരനായ അഹരോനെയും അവന്റെ പുത്രന്മാരെയും ധരിപ്പിക്കണം അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ അഭിഷേകവും കരപൂരണവും ചെയ്ത് ശുദ്ധീകരിക്കണം അവരുടെ നഗ്നത മറപ്പാൻ അവർക്ക് ചണനൂൽകൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കേണം അത് അര തുടങ്ങി തുടവരെ എത്തണം അഹരൂനും അവന്റെ പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോഴോ യാഗപീഠത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോഴോ കുറ്റം ചുമന്ന് മരിക്കാതിരിക്കേണ്ടതിന് അവർ അത് അവനും അവന്റെ സന്തതിക്കും അത് എന്നയ്ക്കുമുള്ള ചട്ടമായിരിക്കണം